നാടക പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ രചന ശോഭ ഭരദ്വാജ് മലയാളം പരിഭാഷ ലക്ഷ്മിശ്രീ എസ് മാരാർ ശബ്ദം നൽകുന്നവർ പെരുമാൾ ജി ഭരതന്നൂർ ശാന്ത ഇസ്മയിൽ സേഠ് എ സുൽഫി ഓയൂർ വൈശാഖൻ കെ പി എസ് സി അമ്പൂരി വേണു സി കിഴക്കനേല കെ കെ നുജു റാഫേൽ മുൻഷി ദിലീപ് തെങ്ങുംകോട് മോഹനൻ മധു ഇരിഞ്ചയം ഓണവില് ബിൻകുമാർ പി എ ബിജു അലക്സ് പോത്തൻ സന്തോഷ് തിരുമല സന്ദീപ് എസ് एम जे जोषिल श्याम विगेश पंडित दीनदयाल उपाध्याय യാൽ ഉപാധ്യായ വെറുമൊരു സാധാരണ വ്യക്തിയല്ലെന്ന് സമ്മതിക്കുന്നു അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കൂടാതെ വാദിഭാഗം വക്കീലിടക്കിടയ്ക്ക് അത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി ഫെബ്രുവരി പതിനൊന്നിന് മുഗൾ സരായി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ രാഷ്ട്രീയ സ്വയം സേവക പ്രധാന ഉപദേഷ്ടാവും നേതാവുമൊക്കെ ആയിരുന്നു ജനസംഘിന്റെ അധ്യക്ഷനും ഒരു പുതിയ വീക്ഷണം എന്താണത് ഏകാത്മത മാനവികത അതെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്തായാലും അങ്ങനെ ഒരു വീക്ഷണത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം യുറോണർ ഏതെങ്കിലും ഒരു നേതാവിന്റെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെട്ടാലുടൻ അദ്ദേഹത്തെ കൊന്നതാണ് രാഷ്ട്രീയ വൈരാഗ്യമാണ് കാരണം എന്നൊക്കെ പറയുന്നത് സ്ഥിരം ഉയർന്നു വരുന്ന വാദങ്ങളാണ് പക്ഷേ കോടതിക്ക് വേണ്ടത് ഇത്തരം ഊഹാഭോവങ്ങളല്ല കഥകളുമല്ല തെളിവല്ല വേണ്ടത് കൊല്ലപ്പെട്ടതാണെന്നതിന് തെളിവ് എവിടെ കൊലപാതകമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കയ്യിൽ ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട എതിർ കക്ഷി വാദം നടത്തുന്നത് ഇന്ന് കേസ് തീർപ്പാക്കേണ്ട ദിവസമായിട്ടുപോലും തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് കഷ്ടമാണ് ഇവർ ഓണ് ദീൻ ദയാൽ ഉപാധ്യായ നിഗമനം പക്ഷെ അത് രാഷ്ട്രീയ വൈരാഗ്യമാണോ അല്ല മറ്റുള്ളവർ പറയുന്നത് പോലെ മോഷ്ടാക്കൾ ചെയ്തതാണോ എന്നത് മാത്രമാണ് തെളിയാനുള്ളത് സാക്ഷികളോ തെളിവുകളോ ഇല്ലാതെ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കോടതിക്കാവില്ലെന്ന് എല്ലാവർക്കും അറിയാം ഇത് രണ്ടുമില്ലാതെ സത്യം കണ്ടെത്താനാവില്ല ഈ കേസും സംശയത്തിന്റെ നിഴലിലാണ് ദീൻദയാൽ ഉപാധ്യായയുടെ മരണം എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ഈ വാക്കുകൾ നിറഞ്ഞ വാക്യങ്ങൾ എന്നും ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല എന്റെ മരണത്തിന് കാരണമെന്തെന്ന് ഇവർക്ക് പിടിയിട്ടാത്തതുപോലെ തന്നെയായിരുന്നു വെറും ഒന്നര വയസ്സുള്ള കൊച്ചുകുട്ടിയായിരുന്നപ്പോ മുറ്റത്തെ മരക്കെട്ടിലിൽ അച്ഛൻ ഉറങ്ങുന്നതെന്താണെന്നറിയാതെ ഞാൻ നിന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ച് പലവട്ടം ചോദിച്ചിട്ടും എനിക്കുത്തരം കിട്ടിയില്ല രാം നാം സത്യഹേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേർ ചേർന്ന് അച്ഛനെ എടുത്തുകൊണ്ടുപോയി ആദ്യമായാണ് ഞാനത് കേൾക്കുന്നത് രാം നാം സത്യഹേ അച്ഛൻ മരിച്ചുപോയെന്ന് എനിക്കറിയുമായിരുന്നില്ല കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മാത്രമല്ല ഇപ്പോഴും മരണമെന്ന സത്യത്തെ തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല അത് കുടുംബത്തിലെ വ്യക്തികളുടേതാവട്ടെ സാമൂഹിക ബോധത്തിൻ്റെതാവട്ടെ രാജ്യതന്ത്രജ്ഞതയുടേതാവട്ടെ തത്വങ്ങളുടേതോ സിദ്ധാന്തങ്ങളുടേതോ ആവട്ടെ ബോധ മനസ്സിന്റേതോ രാജ്യസ്നേഹത്തിന്റെ മരണമോ ആകട്ടെ എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ കാലവും ഒന്ന് മാത്രമായിരുന്നു എന്റെ ജീവിത ശ്രമവും ലക്ഷ്യവും ലോകരക്ഷ എല്ലാവരെയും ഒരു തരത്തിലുള്ള മരണത്തിനും വിട്ടുകൊടുക്കാതെ രക്ഷിക്കുക എന്നത് മാത്രം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് പ്രിയമുള്ളവരെ ഈ ഭാവ്റാവ് ദേവരസിന്റെ നമോഭാഗം രാഷ്ട്രീയ സ്വയം സംഘ സേവകന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആയിരത്തി ജനുവരി പതിനാല് അതായത് ഇന്നേ ദിവസം മഹത്വപൂർണമായ ഈ മകരസംക്രാന്തി ദിനത്തിൽ തന്നെ നമ്മുടെ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും വിലമതിക്കാനാവാത്ത മുതൽക്കൂട്ടാണ് ഇക്കൂട്ടത്തിൽ ഒരാളെ പ്രത്യേകം പരിചയപ്പെടുത്താതിരിക്കാൻ എനിക്ക് കഴിയില്ല പത്താം തരം മുതൽ ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളിലും സ്വർണമെഡൽ കരസ്ഥമാക്കിയ ഈ മുടുക്കൻ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നുവന്ന അനുഭവ സമ്പന്നനായ വിദ്യാർത്ഥി എന്നതിലുപരി രാജ്യസ്നേഹം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ മതി നീണ്ടയാൾ ഉപാധ്യായ എന്ന മുടുക്കനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് വന്ദേ മാതരം വന്ദേ നമസ്കാരം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ സംഘ അംഗങ്ങൾക്കെല്ലാം എന്റെ അഭിവാദനങ്ങൾ ഇത്രയധികം നല്ല വാക്കുകൾ കൊണ്ട് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഭാവ് രാവ് ദേവ്രസനും എന്നും എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് സമൂഹത്തിൽ ഇറങ്ങി സഹായം ചെയ്യണമെന്നാണ് പക്ഷെ അതെങ്ങനെ എവിടെ തുടങ്ങണം എങ്ങനെ പ്രവൃത്തിബദ്ധത്തിൽ കൊണ്ടുവരണമെന്ന് നിശ്ചയമില്ലായിരുന്നു രാഷ്ട്രസേവനം ഒന്നു മാത്രമാണ് എന്റെ ലക്ഷ്യം വഴി കാണാതെ നിന്ന് എനിക്ക് വഴി കാട്ടിയത് സംഘമാണ് സംഘത്തിന്റെ കൂടെ നിന്ന് രാഷ്ട്രസേവനം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഈ സംഘത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കാരണക്കാരനായ ഭാവുരാവ് ദേവരസിനും അതോടൊപ്പം ബലവൻ ഷിൻഡേക്കും ഞാൻ നന്ദി അറിയിക്കുന്നു സംഘത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കി തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു സംഘം ഹിന്ദു സംഘമാണെങ്കിലും യാഥാസ്ഥിതികമായ മനോഭാവം വെച്ചു പുലർത്തുന്ന രീതി അല്ല സംഘത്തിൻ്റെതെന്നും അസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി അല്ല സംഘത്തിൻ്റെതെന്നും വ്യക്തമാക്കി ഈ വ്യക്തികളാണ് നമ്മുടെ മതവും സംസ്കാരവും പുരാതനമാണ് ഇന്നുണ്ടായിരിക്കുന്ന പല മതങ്ങളും നമ്മുടെ ഈ പൗരാണികമായ മതത്തിൽ നിന്നുരുത്തിരിഞ്ഞവയാണ് ഹിമവാനിൽ നിന്നും ഉത്ഭവിക്കുന്ന നമ്മുടെ പുണ്യനദിയായ ഗംഗയിൽ നിന്നും ഉത്ഭവിക്കുന്ന കൈവഴികൾ പലയിടങ്ങളിലേക്കും ഒഴുകിയെത്തി പല പേരുകളിൽ അറിയപ്പെടുന്നത് പോലെയാണ് നമ്മുടെ ഹിന്ദുമതവും സംസ്കാരവും വടവൃക്ഷത്തിന് നിരവധി ശാഖകൾ ഉണ്ടാവാമെങ്കിലും അതിന്റെ വേരിനെ കൃത്യമായി സംരക്ഷിച്ചെങ്കിലേ അതിന്റെ ഓരോ ശിഖരത്തിനും തടിക്കും നിലനിൽപ്പുള്ളൂ അതുപോലെ പൗരാണികമായ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിച്ചാൽ മാത്രമേ അതിനെ നിലനിൽപ്പുള്ളൂ പ്രിയമുള്ള എൻ്റെ സംഘ നമ്മുടെ അമൂല്യമായ സംസ്കാരത്തെ രക്ഷിക്കുകയും അതിന്റെ മഹത്വത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ സ്വതന്ത്ര ഭാരതമെന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കൂ അതിനുവേണ്ടി നമ്മുടെ സംസ്കാര പാലനത്തിനായി എല്ലാവരും സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു സംസ്കാര സംരക്ഷണത്തിനായി അതുവഴി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ പൂർണമായും എന്നെ സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു വന്ദേ മാതരം സംഘത്തിൽ ചേരാനായി ദീൻ ദയാൾ തെരഞ്ഞെടുത്തത് ഏറ്റവും ഉത്തമമായ ദിവസമാണ് അല്ലേ ബൽബന്ധു ശിണ്ടേജി തീർച്ചയായും മകരസംക്രാന്തി എന്ന പുണ്യ ദിവസത്തിനപ്പുറം ഐശ്വര്യം ഇനി എന്താണുള്ളത് മകരസംക്രാന്തി ദിവസം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടുമെന്നാ പറയുക സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ദിവസം ഞാൻ ഗംഗയിൽ മുങ്ങിക്കുളിച്ചതിന് സമാനമായി കാണുകയാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ രാജ്യസേവനത്തിനായി എന്റെ ഹൃദയം തുടിക്കുകയാണ് ഷിണ്ടേജി പുണ്യദിനമാണെന്ന് എനിക്ക് പുണ്യദിനം ഞാനൊരു കാര്യം പറയട്ടെ പറയൂ എന്താണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായതെന്തോ നിന്നിലുണ്ട് വളരെ വ്യത്യസ്തമായത് എനിക്ക് ശരിയാണ് ബാബുരാവ് പറഞ്ഞത് ദീൻദയാളിനെ പരിചയപ്പെടുന്നവർ ആരായാലും അവർക്കത് തിരിച്ചറിയാൻ കഴിയും ദയാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നീ രാഷ്ട്രസേവനം ചെയ്യാൻ വേണ്ടി ജനിച്ചവനാണ് എന്ന് ഉറപ്പും എന്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഘത്തിലൂടെ തന്നെ അത് സാധിക്കുമെന്നുറപ്പം അതിന് നമ്മുടെ സംഘം നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ അഭിമാനമാണ് നീ ഇത്രയും നല്ലൊരു പ്രവർത്തകനെ കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഇത്രയും പുകഴ്ത്തലുകൾക്ക് ഞാൻ അർഹനാണോ ബാബുരാജി നീ നോക്കിക്കോ ദീൻ ബാബുരാമിന്റെ ഈ വാക്കുകൾ സത്യമായി മാറുന്ന ഒരു വരും ദീന ദീന ഇതാരത് അമ്മാവനോ വരൂ വരൂ ഇരിക്കു ഞാൻ എത്ര നേരമായി വാതിലിൽ മുട്ടുന്നു നീ ഇതെവിടായിരുന്നുണ്ടായിരുന്നു അമ്മാവാ ശ്രദ്ധ ഇവിടെയൊന്നും അല്ലല്ലോ പക്ഷേ എന്തു പറ്റി ദീന നിനക്ക് ഏ അത് അമ്മാവാൻ മോനെ ദീന നിന്റെ ചേച്ചി എന്റെ മരുമകൾ രമാദേവി എനിക്ക് എന്റെ സ്വന്തം മകളെപ്പോലെ തന്നെ ആയിരുന്നു നിനക്കവള് വെറും ചേച്ചിയല്ല അമ്മ തന്നെയാണെന്ന് എനിക്കും അറിയാം അമ്മ പോയതിനു ശേഷം ആ ദുഃഖം അവൾ നിന്നെ അറിയിച്ചിരുന്നില്ലല്ലോ അവളുടെ മരണം അത്രമാത്രം ഉലച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കാര്യം നിനക്ക് ഓർമ്മ വേണം കുഞ്ഞുകുട്ടിയായിരുന്നപ്പോ മുതൽ ഇന്നുവരെ തോൽവി എന്നത് നിന്റെ നിഘണ്ടൂലാത്തതാണ് ചേച്ചിയുടെ അസുഖവും മരണവും കാരണം നിന്റെ എം എ മുഴുവൻ ആക്കിയതുമില്ല മോനെ അവളെ രക്ഷിക്കാൻ നിനക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നീ ചെയ്തില്ലേ ഇവിടെ ആഗ്രഹിക്കൊണ്ടുവന്ന് അവളെ നീ ചികിത്സിച്ചില്ലേ എന്നിട്ടും ഈശ്വരനിശ്ചയം മറ്റൊന്നായതിൽ നമുക്ക് ചെയ്യാൻ കഴിയും ദീന നീ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഒന്നിലും ശ്രദ്ധയില്ലാതെ ദുഃഖിച്ചിരിക്കുന്നത് കാണുമ്പോ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നീ ഒന്ന് ഉഷാറാക ധൈര്യമായിട്ട് നിന്റെ പഠിത്തം തുടങ്ങുന്നതാണ് ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ നിനക്കിപ്പോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ ദീനവാ അമ്മാവൻ പറഞ്ഞു തന്നെയാണ് ശരി ഞാൻ ശ്രമിക്കാം ദീന എനിക്കറിയാവുന്നത് പോലെ നിന്നെ മറ്റാർക്കാണ് മനസ്സിലാവുക നീ പഠിത്തത്തിൽ പൂർണമായിട്ടും മുഴുകൂ ഈ സങ്കടങ്ങളൊക്കെ വഴിയേ മാറിക്കൊള്ളു കേട്ടോ ആ നീ ഒരു കാര്യം ചെയ്യ ഇത്തവണ നീ ഐ സി എസ് പരീക്ഷ എഴുതിയെടുക്ക അയ്യോ ഐ സി എസ് ഓ പക്ഷെ എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട എന്തേ ശരി ഞാൻ എഴുതാം അമ്മാവ അമ്മാവൻ പറഞ്ഞതുപോലെ ഐ സി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് നന്നായി പഠിത്തത്തിൽ തന്നെ മുഴുകിയത് കൊണ്ട് സമയം എത്ര പെട്ടെന്ന് പോയെന്നറിയോ മറ്റൊരു ചിന്തകളും അലട്ടാതെ എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ് പിന്നെ നിന്റെ എഴുത്തു പരീക്ഷയുടെ റിസൾട്ട് മികച്ചതുമായി ഹാ ഇനി ഇന്റർവ്യൂവിലും നീ നന്നായി പെർഫോം ചെയ്യും അതെനിക്ക് ഉറപ്പാ അല്ല നിന്റെ വേഷം ഇന്റർവ്യൂവിന് പോകുമ്പോ കോട്ടും നിർബന്ധമാണെന്ന് പറയുന്നുണ്ടല്ലോ അമ്മാവാൻ സിവിൽ സർവീസിന് വേണ്ടിയുള്ളതല്ലേ ഇന്റർവ്യൂ അഥവാ എന്നെ സെലക്ട് ചെയ്താൽ ഞാൻ നമ്മുടെ ദേശത്തുള്ളവരെ സേവിക്കാൻ പോകുന്നത് അല്ലാതെ ബ്രിട്ടീഷുകാരെയൊന്നും അല്ലല്ലോ പിന്നെ നമ്മുടെ സംസ്കാരത്തെ കാണിക്കുന്ന ഈ ധോത്തിയും കുർത്തയും ധരിച്ചാൽ എന്താ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടുകാരെ സേവിക്കുന്നതിന് വിദേശികളുടെ വസ്ത്രം ധരിച്ചു പോകണമെന്ന യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ കൊണ്ട് കോട്ടും സൂട്ടും ധരിക്കാനൊന്നും കഴിയില്ല അതുമാത്രമല്ല അമ്മാവ ഒരാളെ ജോലിക്ക് തിരഞ്ഞെടുക്കേണ്ടത് അയാളുടെ കഴിവും ചിന്താശേഷിയും വിദ്യാഭ്യാസവും ഒക്കെ നോക്കിയിട്ടല്ലേ അല്ലാതെ ഒരാളുടെ വേഷഭൂഷാദികൾ നോക്കിയാണോ ജോലിക്ക് തിരഞ്ഞെടുക്കേണ്ടത് നിന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല ആലോചിച്ചു നോക്കുമ്പോ നീ പറയുന്നത് തന്നെയാ എപ്പോഴും ശരിയായി ആ ഏതായാലും സമയം കളയണ്ട വേഗം പുറപ്പെടാൻ നോക്ക് ശരിയമ്മ ഞാൻ പോയി വരാം നന്നായി വരും ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ ചോറ്റുപാത്രം എടുക്കാൻ മറക്കണ്ട നീ നീ ഇതിലും പാസാവും അതെനിക്ക് ഉറപ്പുണ്ട് നീ പോയുവാ സന്തോഷമായിട്ട് പോയുവാ നിങ്ങളാണോ ദീന്തായാൽ ഉപാധിയായ ഇന്ററസ്റ്റിംഗ് റിട്ടേൺ എക്സാമിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു പക്ഷെ നിങ്ങളുടെ ഈ വേഷം വലിയ പണ്ഡിതന്റെ വേഷത്തിലാണോ ഇന്റർവ്യൂവിന് വരുന്നത് ക്ഷമിക്കണം താങ്കൾ ശരിക്കും നോക്കാത്തത് ഇത് നമ്മുടെ നാടിന്റെ വസ്ത്രമാണ് ഇന്ത്യൻ ഡ്രസ് അതെന്താ ഇന്റർവ്യൂവിൻ്റെതായ ഡ്രസ് കോഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയാം ഓഹോ എന്നിട്ടും നിങ്ങൾ എന്തായാലും മുണ്ടും കുർത്തയും ഒക്കെ ഇട്ടിട്ട് വന്നത് കേൾക്കട്ടെ ക്ഷമിക്കണം സർ അഥവാ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്താൽ ഞാൻ ജോലി ചെയ്യേണ്ടത് ഭൂരിപക്ഷവും ഈ വസ്ത്രധാരണ രീതി പിന്തുടരുന്ന ഈ നാട്ടിൽ തന്നെയല്ലേ അപ്പോ ഒരു ഇന്റർവ്യൂവിന് ഈ വസ്ത്രം ധരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അയാളുടെ വസ്ത്രധാരണ രീതി കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം എന്നത് നിങ്ങൾക്കറിയില്ലേ ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ധരിക്കുന്ന അതേ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചാൽ നിങ്ങളും സാധാരണക്കാരനെ പോലെയല്ലേ ഉണ്ടാവുക ഒരു ഓഫീസർ ലുക്ക് ഉണ്ടായാലല്ലേ നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കൂ അനുസരിക്കൂ ഈ വേഷത്തിൽ നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും അതിനർത്ഥം ഞാൻ കാര്യങ്ങൾ പുതിയ രീതിയിൽ പഠിക്കേണ്ടി വരും എന്നാണല്ലോ സർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതു ജോലി ചെയ്യാനും വേണ്ടത് വൈദഗ്ധ്യമാണെന്നാണ് ബുദ്ധിയും ചിന്തയും അനുഭവവുമാണ് ഏതു ജോലിയിലും വൈദഗ്ധ്യം നേടാനുള്ള പ്രധാന ഘടകങ്ങളായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചാൽ മാത്രമേ ജോലി നന്നായി ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരാളുടെ ഉള്ളിലെ കഴിവും അയാളുടെ പ്രാപ്തിയും മനസ്സിലാക്കിയാലല്ലേ അയാൾ ഒരു ജോലി ചെയ്യാൻ പ്രാപ്തനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയൂ അല്ലാതെ അയാൾ ധരിച്ച വേഷത്തിലൂടെ അല്ലല്ലോ അങ്ങനെയെങ്കിൽ ഇന്റർവ്യൂവിന് അർത്ഥമില്ലാതായി പോവില്ലേ എന്റെ അഭിപ്രായത്തിൽ ഈയൊരു തിരഞ്ഞെടുപ്പിൽ ഒരാളുടെ യോഗ്യതയാണ് അടിസ്ഥാനമാക്കേണ്ടത് അല്ലാതെ വേഷഭൂഷയ്ക്കല്ല മാർക്കിടേണ്ടത് എന്നാണ് ശ്രീ ദീൻദയാൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഐ സി എസിന് സെലക്ട് ചെയ്യപ്പെടാൻ ഒരാളിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം അതൊക്കെ സാറിന് വളരെ കൃത്യമായി അറിയാമെന്ന് എനിക്കുറപ്പുണ്ട് എങ്കിലും താങ്കൾ എന്റെ കാഴ്ചപ്പാട് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുക ധൈര്യം പാണ്ഡിത്യം തുറന്നു ശീലം ഇവയുണ്ടാവുക എല്ലാത്തിലുമുപരി ന്യായത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളുക ഈ ഗുണങ്ങളുള്ളയാളാണ് ഐ സി എസ് ഓഫീസർ ജനങ്ങളിൽ നിന്ന് അകന്ന് നിന്നല്ല അവരോട് ചേർന്നു നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നയാളാണ് ഈ സ്ഥാനത്തിരിക്കേണ്ടത് മിസുദ്ദീൻ ദയാൽ വിപ്ലവകരമായ നിങ്ങളുടെ ആശയങ്ങളൊക്കെ കൊള്ളാം ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ ഓരോ വ്യക്തിയും സ്വയം ഉത്തമനാണെന്ന ബോധം അവനുണ്ടാവും അവനവനുള്ള ദോഷങ്ങൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല എന്റെ യോഗ്യത എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായമല്ല താങ്കളുടെ അഭിപ്രായവും തീരുമാനവുമല്ലേ പ്രധാനം നോക്കൂ ദീൻദയാൽ തിളക്കമാർന്ന വ്യക്തിഗുണങ്ങളുള്ള ആളാണ് താങ്കൾ പിന്നെ നിങ്ങളുടെ ഈ വേഷം അത് ശരിയായ പണ്ഡിതന്റെ വേഷം തന്നെ വേഷത്തിൽ മാത്രമല്ല പൂർണമായും നിങ്ങളൊരു പണ്ഡിതൻ തന്നെയാണ് നിങ്ങളുടെ എഴുത്തുപരീക്ഷയുടെ ഫലം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ പാണ്ഡിത്യം മനസ്സിലായിരുന്നു നിങ്ങളെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ എന്നാണ് ഞങ്ങൾ വിളിക്കുക നന്ദി ഐ സി എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി സെലക്ട് ആയിട്ടും സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് നമ്മുടെ സംഘത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് കാണിക്കാൻ ദീന്തല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല ശരിയല്ലേ രാംനാഥ് വളരെ ശരിയാണ് ഭാവുരാവു കുഞ്ചു ബിഹാരി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആഗ്രയിൽ നമ്മുടെ സംഘത്തെ വിപുലമാക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അതും ഇത്രയും ഭംഗിയായി നടത്താൻ അല്ലെ സത്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയാവുമെന്ന് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായുള്ള ചെറുപ്പക്കാരിൽ നിന്നും എത്ര വ്യത്യസ്തനാണ് നമ്മുടെ ദീന്തയാൽ രാഷ്ട്രത്തിനു സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് സംഘത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി ഉദ്യോഗം ഉപേക്ഷിച്ചവൻ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് രാജ്യത്തിന് മാത്രം പ്രവർത്തിക്കുന്നവർ രാഷ്ട്രസേവനവും രാജ്യ ശരണമന്ത്രമാക്കി മുഴുവൻ സമയവും രാഷ്ട്രസേവനത്തിന് മാത്രമായി മാറ്റിവെക്കുന്ന യുവാക്കൾ അങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത് വളരെ ശരിയാണ് രാംനാഥ് അല്ല ഇവരെവിടെ പോയി ഗുരുജിയെയും കൂട്ടി ദീൻദയാൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും കാണുന്നില്ലല്ലോ വരുമായിരിക്കും വന്ദേ എന്ത് പറയുന്നു എല്ലാരും എങ്ങനെ പോകുന്നു സംഘത്തിന്റെ കാര്യങ്ങൾ ഭാവുരാവും ദീൻദയാളിന്റെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം നമ്മുടെ അംഗസംഖ്യ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രശംസനീയം തന്നെ പക്ഷേ സ്വാതന്ത്ര്യ ലബ്ധിക്കായുള്ള നയതന്ത്ര പരിപാടികൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ ഉണ്ട് യുവാക്കളൊക്കെ ഊർജ്ജസ്വലരായ രംഗത്തുണ്ട് സന്തോഷം ഏതായാലും വരുന്ന വഴിക്ക് ദീന്തയാൽ കാര്യങ്ങളൊക്കെ എന്നോട് വിശദമായി തന്നെ പറഞ്ഞു നമ്മുടെ ഐക്യം ഉത്സാഹവും ദേശഭക്തിയും നിറയ്ക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു സ്വാതന്ത്ര്യത്തിന്റെ സൂര്യോദയം അടുത്തെത്തിക്കഴിഞ്ഞുവെന്നാണ് വിശ്വാസം തീർച്ചയായും ഗുരുജി മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് തന്നെ മുഴുവനും ഊർജ്ജവും സ്വരൂപിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും സജ്ജമാവണം അതാണ് ദീൻദയാൽ എന്റെ ഏറ്റവും വലിയ ഗുണം പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെയാണ് ഹൃദയ നൈർമല്യതയോടെയും ശാന്തമായ മനസ്സോടെയും രണ്ടും ഒരുപോലെ എങ്ങനെ കൊണ്ടുപോകുന്നു ദീൻദയാൽ അതൊരു കല തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണതൊക്കെ മറ്റൊന്നുമല്ല നിങ്ങളുടെയൊക്കെ ആശീർവാദവും സഹകരണവും തന്നെയാണ് കാര്യങ്ങൾ കൃത്യമായി ദിശയിൽ പോകാൻ സഹായിക്കുന്നത് കുശാഗ്രബുദ്ധി കഠിനാധ്വാനം അനുകമ്പ അച്ചടക്കം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഓരോ പ്രവർത്തകനും ഉണ്ടായിരിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലക്ഷ്യം കൈവഴിക്കുവാൻ കഴിയൂ വിജയം സുനിശ്ചിതമാണെന്ന് ആത്മവിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് സംഘത്തോട് ചേർന്ന് പ്രവർത്തിച്ച് മുന്നേറണം സ്വാതന്ത്ര്യം എന്ന മന്ത്രം ഒരുവിട്ട് മനസ്സിൽ നിറച്ചാൽ മാത്രമേ അത് നമുക്ക് താമസം വില നേടാനും കഴിയൂ സ്വാതന്ത്ര്യം നേടുമ്പര് ആരും ഒരടി പോലും പുറകോട്ടു പോകരുത് വന്ദേ ഇങ്ങോട്ട് നോക്കൂ ദീനയുടെ കത്ത് വന്നിരിക്കുന്നു നിങ്ങൾ ഇത് എവിടെ പോയിരിക്കൽ ഓ വരുന്നു വരുന്നു വലിയോ ഏണില്ലാതെ നമ്മളാ കല്യാണക്കാരത്തെ കുറിച്ച് അയച്ച കത്തിന്റെ മറുപടിയല്ലേ അവൻ എന്താ എഴുതിയിരിക്കുന്നു വായിക്കേ വായിക്കാം വായിക്കാം സമാധാനായിട്ട് കേട്ടോ ും കത്തുകിട്ടി എന്നും എന്റെ നന്മ മാത്രമാണ് അമ്മാവനും അമ്മായിയും ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം അമ്മാവ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ദുഃഖിതനും നിരാശനുമാണ് അമ്മാവൻ എനിക്ക് വിദ്യാഭ്യാസം നൽകി എന്തിനു യോഗ്യനാക്കി എന്നെ ഈ നിലയിലെത്തിച്ചു അതിനു പകരമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നാണ് എന്റെ ദൃഢമായ വിശ്വാസം നമ്മുടെ കൃഷിഭൂമിയിൽ കൃത്യസമയത്തുള്ള വളപ്രയോഗമാണ് നല്ല വിളവ് കിട്ടാനുള്ള ശരിയായ മാർഗം അല്ലെ വളപ്രയോഗമില്ലാതെയായാൽ ഭൂമിക്ക് പിന്നീട് ഒട്ടും വിളവെടുക്കാനില്ലാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ ഭൂമിയാകുന്ന നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എന്റെ സേവനം അത്യാവശ്യമാണ് സമൂഹം എനിക്ക് നൽകിയ ഗുണങ്ങൾ തിരിച്ചു നൽകാനുള്ള അവസരമാണിത് ആരുടെ ധർമ്മരക്ഷയ്ക്കാണ് രാമൻ വനവാസമനുഷ്ഠിച്ചത് കൃഷ്ണൻ എന്തൊക്കെ കഷ്ടതകളാണ് തരണം ചെയ്തത് റാണാപ്രതാപ് കാട്ടിലലഞ്ഞത് ശിവജി സർവം സമർപ്പിച്ചത് ഈ സമർപ്പണങ്ങൾക്ക് പകരമായി നമ്മുടെ കൊച്ചുകൊച്ചു ആഗ്രഹങ്ങൾ ത്യജിക്കുന്നതിന് നാം തയ്യാറാവണം സമൂഹം രക്ഷയ്ക്കു വേണ്ടി നമ്മളോട് യാചിക്കുമ്പോ പുറന്തിരിഞ്ഞു നിൽക്കാമോ അമ്മാവാ പലരും അവരവരുടെ ഒരേ ഒരു മകനെ സന്തോഷത്തോടെ സമൂഹ സേവനത്തിനായി വിട്ടുകൊടുക്കുന്നു മൂന്നു മക്കളുള്ള അമ്മാവന് അതിലൊരാളെ രാഷ്ട്രസേവനത്തിനായി നൽകാൻ സാധിക്കില്ലേ എനിക്കറിയാം അല്ല എനിക്കുറപ്പുണ്ട് അമ്മാവൻ വേണ്ടെന്ന് പറയുകയില്ല എന്ന് എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുമെന്ന് എന്ന് അങ്ങയുടെ സ്വന്തം ദീന്തയാൽ ഹാ അപ്പോ അവൻ കല്യാണം കഴിക്കില്ല എന്നാണോ പറയുന്നത് എങ്ങനെ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും അല്ല നിനക്ക് തോന്നുന്നുണ്ടോ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിലും ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും അവനെ ഈശ്വരൻ തന്നെ മുക്തനാക്കിയതാ നിനക്ക് ഓർമ്മയില്ലേ അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ വീട്ടിൽ കള്ളൻ കയറിയതും ദീന ആ കള്ളന്റെ കാലൊടിച്ച് വിട്ടതും ഇപ്പോ യുവാവായ അവൻ രാജ്യരക്ഷയ്ക്കായി സന്നദ്ധനായതിൽ അത്ഭുതം സ്വന്തം രാജ്യത്തെ കൊള്ളയടിക്കുന്നത് കണ്ടു നിൽക്കാൻ അവനെപ്പോലെ മെടുക്കനായ ഒരു യുവാവിന് കഴിയില്ല അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനു പകരം നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്താ ഇവിടെ കൂടിയിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഏവർക്കും എന്റെ നന്ദിയും അറിയിക്കുന്നു രാഷ്ട്രധർമ്മ പ്രകാശൻ ലിമിറ്റഡിന്റെ പേരിൽ രാഷ്ട്രധർമ്മം എന്ന നമ്മുടെ മാഗസിൻ പ്രകാശിതമാവുകയാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാനാജി ദേശ്മുഖ് പ്രകാശനകർമ്മം നിർവഹിക്കുന്ന ശ്രീ രാധേഷ്യാം കപൂർ നമ്മുടെ മാനേജർമാരായ ശ്രീ ജ്വാലാ ചതുർവേദി ശ്രീ മൻമോഹൻ ഗുപ്ത അതുപോലെ നമ്മുടെ പ്രസിന്റെ നടത്തിപ്പുകാരായ ശ്രീ ബജ്രംഗ് ശരൺ തിവാരി ജനാർദ്ദൻ റാവു പാവ്ജി ഇവരാണ് ഇങ്ങനെയൊരു ഉദ്യമം സഫലമാക്കാനുള്ള പ്രയത്നത്തിൽ പങ്കാളികളായവർ ഞാനിവരോട് കടപ്പെട്ടിരിക്കുന്നു ജനസമൂഹത്തെ പുതിയൊരു ഉണർവിലേക്ക് നയിക്കാനും രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും ഈ മാഗസിൻ ഒരു ചുവടുവയ്പ് തന്നെയാണ് പുതിയൊരു വിപ്ലവ ഇത് ജനങ്ങളിൽ ഉണർത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാനാജി ദേശ്മുഖിനെ രണ്ടു വാക്ക് സംസാരിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മുടെ പുതിയ മാഗസിൻ പ്രകാശനത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കാനുള്ള അടിത്തറയാണ് പാകിയിരിക്കുന്നത് മാഗസിന്റെ പുതിയ എഡിഷൻ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പാണ് നമ്മുടെ ഭാരതത്തിന്റെ പുരാതന സംസ്കാരത്തെ മറന്നുകൊണ്ടുള്ള ചീത്ത ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും യജ്ഞാതി കർമ്മങ്ങളിലും പെട്ട് ഉഴറി രാജ്യം തന്നെ വിഭജിക്കപ്പെടുമെന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ ജനതയെ തിരിച്ചു അവരിൽ പുതിയ ഊർജ്ജവും ചിന്തകളും ഉണർത്താനും ഉറപ്പിക്കുവാനും സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം ദീൻദയാൽ മാഗസിൻ പ്രകാശനം എന്ന നിങ്ങളുടെ സ്വപ്നം സഫലമായതിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷം ജനാർദ്ദൻ പലയിടത്തും താങ്കളുടെ ലേഖനങ്ങളും എഴുത്തുകളും ഉണ്ടെങ്കിലും താങ്കളുടേതായി ഈ മാഗസിൻ പ്രസിദ്ധീകരിച്ചത് എന്തുകൊണ്ടും നന്നായി ബജരംഗ് ഭായ് നമ്മുടെ ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും സരളമായ വഴിയാണിത് എന്ത് കാര്യവും കൃത്യതയോടെയും വേഗത്തിലും നമ്മുടെ ജനതയ്ക്കിടയിൽ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കാനുള്ള എളുപ്പമാർഗം ഇതാണെന്നെനിക്ക് ഉറപ്പുണ്ട് ശരിയാണ് അങ്ങനെ തന്നെ നടക്കും എന്തായാലും നടക്കും ദുർബലരായവർ ശക്തി നേടുമ്പോഴാണ് രാജ്യം കരുത്തുറ്റതാവുന്നത് രാഷ്ട്രമെന്ന ഒരേ ഒരു സത്യത്തെ ഉപാസിക്കുകയാണ് നമ്മുടെ കർമ്മം തീക്ഷ്ണമായ രാഷ്ട്രവാദത്തിലൂടെ നമ്മുടെ സംസ്കാരത്തെ പ്രബലമായി നിലനിർത്തുന്നതിലൂടെയാണ് രാഷ്ട്രത്തെ ഉപാസിക്കുന്ന കർമ്മം സഫലമാവുക ജനാർദ്ദൻ ഈ മാസിക കൂടാതെ ഒരു വാരികയും ദ്വൈവാരികയും കൂടി പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഏത് വിധേനയും നടപ്പാക്കുമെന്ന് ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ വീണ്ടും കാണാം നമസ്കാരം ജനാർദ്ദൻ എനിക്ക് ഈ ദീനദയാലിന്റെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ പേടിയും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് പിന്നെ അതെനിക്ക് മനസ്സിലായില്ല അയാളുടെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപോലെ ശത്രുക്കളെ ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് പേടി എന്ത് ചെയ്യാനാ ശരി വരൂ നമുക്ക് പോകാം അടൽ ബിഹാരി വാജ്പേയി ജി നിങ്ങളോട് വാക്ചാതുരിയിൽ ജയിക്കാൻ എനിക്കാവില്ല സമ്മതിച്ചിരിക്കുന്നു ഞാൻ തമാശ പറയുന്നതല്ല സത്യമായിട്ടും ദീന്തയാൽ നിങ്ങളുടെ കഠിന പ്രയത്നവും ആത്മസമർപ്പണവും ഒന്നുകൊണ്ട് മാത്രമാണ് രാഷ്ട്രധർമ്മപ്രകാശം ലിമിറ്റഡിന്റെ മാസികയും വാരികയും ദിനപത്രവും ഒക്കെ ഇത്ര പെട്ടെന്ന് പുറത്തിറക്കാൻ സാധിച്ചത് നമ്മുടെ വീക്കിലെ പാഞ്ചജന്യവും സ്വദേശ് ചൂടപ്പം പോലെ അല്ലേ വിറ്റുപോകുന്നത് കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ടാണ് വിൽപ്പന എന്നത് ജനങ്ങൾക്കിടയിൽ ഇതിന്റെ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഒക്കെ ശരിയാണ് അടൽജി പക്ഷെ എന്റെ ഒരാളുടെ പ്രയത്നം മാത്രമല്ല ഈ വിജയരഹസ്യം എല്ലാവരും അവരവരുടേതായ ഭാഗം കൃത്യമായി നിർവഹിച്ചു ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്നതുപോലെ എല്ലാവരും ഒരുപോലെ ഭാഗഭാഗം ആയതാണ് നമ്മുടെ വിജയത്തിന് കാരണം താങ്കളുടെ എഴുത്തിലെ ഓരോ വാക്കും തീഷ്ണമാണ് ആളുകളെ ഇളക്കിമറിക്കാൻ മാത്രം ശക്തി ഉണ്ടാവും പത്രാധിപരുടെ ജോലി എനിക്ക് വശമുള്ളതല്ല പക്ഷെ താങ്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് ഭംഗിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അടൽജി നമ്മൾ ഓരോരുത്തരും ജോലികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ജോലികളും തിരിച്ച് നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് രാഷ്ട്രം സ്വാതന്ത്ര്യം നേടി എന്നത് ശരി തന്നെ പക്ഷെ നമ്മുടെ ജനങ്ങളെ ഉദ്ധരിക്കുകയാണ് നമ്മുടെ പ്രധാന കർമ്മം എന്ത് വിഘ്നങ്ങൾ ഉണ്ടായാലും അതിന് നമ്മൾ മുടക്കം വരുത്തരുത് താഴേക്കിടയിലുള്ള ദരിദ്രരായ ജനങ്ങളുടെ ഉന്നമനമാണ് നമ്മുടെ ലക്ഷ്യം അവരുടെ ആവശ്യം സർക്കാരിൽ ഉന്നയിച്ച് നേടിയെടുക്കണം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സാർത്ഥകമാകണമെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കണം അവരെ അതിന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്തണം താങ്കൾ പറഞ്ഞത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക തന്നെയാണ് ഏക പോംവഴി വിഭജനം കാരണം സ്വാതന്ത്ര്യം കിട്ടിയത് ആഘോഷിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നു ചേർന്ന് പോരാടിയ അതേ മതങ്ങൾ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു വിഭജനത്തിന് കാരണമായത് ഓർക്കുമ്പോ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് സർക്കാരിന്റെ അപ്രായോഗികമായ പ്രീണന നയമാണ് നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന്റെ തീ ആളിക്കത്തിച്ചത് പഴയ പാകിസ്ഥാനിൽ നിന്നും മതം മാറാൻ തയ്യാറല്ലാത്തവരെ ഇപ്പോഴും ഓടിച്ചു എന്നിട്ട് ഇവിടുത്തെ സർക്കാരിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്തലിയോട് അനുരഞ്ജന ശ്രമം നടത്താനല്ലേ തിരക്ക് ീ സാധാരണ ജനങ്ങളെ ഭയങ്കരമായ കഷ്ടത്തിലേക്ക് തള്ളിയിടുകയാണ് സർക്കാർ ചെയ്യുന്നത് കഷ്ടം തന്നെ ഈ അനുരഞ്ജന ശ്രമത്തിനെതിരെ നമ്മുടെ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി സംസാരിച്ചതാണ് ഈ അനുരഞ്ജനം നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവില്ലെന്ന് ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം എന്നിട്ടും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതും അതുകൊണ്ടാണെന്നാണ് കേട്ടത് നമ്മുടെ ഗുരുജി ശ്രീ മാധവ സദാശിവ റാവോ ഗോൽവാൽക്കറുമായും ഒരു സംശയവും ഏത് പ്രവൃത്തിയും പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരിക്കും വിശ്വസ്തനായ സത്യസന്ധനായ ദേശഭക്തനാണ് അദ്ദേഹം ചിന്തിക്കുന്ന ഏത് കാര്യവും നമ്മുടെ രാജ്യത്തിന്റെ നന്മ ഉദ്ദേശിച്ചു മാത്രമുള്ളതാണ് ഗുരുജി ഏതായാലും ഒരു കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചിലപ്പോ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അതെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും അതിയായി ആഗ്രഹിക്കുന്നു പ്രണാമം ഗുരുജി സുഖമല്ലേ എനിക്ക് സുഖം തന്നെ എന്തേ ഗുരുജി വരാൻ പറഞ്ഞത് ശാന്തമായ മനസ്സും ഒന്നു ചായാൻ ഉറച്ച തോളും വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ആദ്യം മനസ്സിൽ വരുന്നത് നിങ്ങളുടെ മുഖമാണ് അങ്ങയുടെ വിശ്വാസത്തിനും നല്ല വാക്കുകൾക്കും ഞാൻ വലിയ വില കൽപ്പിക്കുന്നു ഗുരുജി പറയൂ എന്താ കാര്യം നോക്കൂ ദീൻഡയാൽ നിനക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അതിന്റെ ശരിയായ ഫലം നമ്മുടെ ജനങ്ങൾക്ക് നേടിക്കൊടുക്കാനുള്ള യുദ്ധം ഇപ്പോഴും ബാക്കിയാണ് അതെ തീർച്ചയായും നമ്മുടെ ശ്രമങ്ങൾ സംഘത്തിലൂടെയും നമ്മുടെ ദിനപത്രം വാരിക മാസികളിലൂടെയും മാത്രം നടത്തിയാൽ പൂർണ്ണമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാരതത്തിന്റെ ഭരണം ശരിയായ കരങ്ങളിലാവണം ശരിയാണ് സ്വതന്ത്ര ഭാരതത്തിന് ഏറ്റവും ആവശ്യമായതും അതാണ് സ്വാതന്ത്ര്യം എന്നതിന്റെ അർത്ഥം ഒരു കൂട്ടം ആളുകളുടെയോ പ്രത്യേക കുടുംബത്തിന്റെയോ മാത്രം സ്വാർത്ഥതയുടെ പൂർത്തീകരണമല്ല മറിച്ച് ഓരോ പൗരന്റെയും ഉയർച്ചയും വികാസവുമാണ് നമ്മുടെ പ്രചാരകനായ വസന്റാവു വഴി ശ്യാമപ്രസാദ് മുഖർജി എന്നെ കാണാൻ വന്നിരുന്നു ഞാനറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ മോർച്ച സംഘടിപ്പിക്കണമെന്നാണ് അതിനായി അദ്ദേഹം നമ്മുടെ സഹായം തേടിയിരിക്കുകയാണ് നല്ല തീരുമാനമാണത് എനിക്കും അതുതന്നെയാണ് അഭിപ്രായം ശക്തമായ ഒരു ഭരണപക്ഷത്തിന് അതിനേക്കാൾ ശക്തമായ ഒരു പ്രതിപക്ഷവും വേണം ഞാൻ അതുകൊണ്ട് മുഖർജിക്ക് വാക്കുകൊടുത്തു നമ്മൾ ഏവരും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കും എന്നു സന്തോഷത്തോടെ ഞാനും അനുകൂലിക്കുന്നു സംഘാടനത്തിന് ഏറ്റവും അനുയോജ്യം നിങ്ങളാണ് ദീൻ ദയാൽ ശ്യാമപ്രസാദിന്റെ കൂടെ ചേർന്ന് രാഷ്ട്രീയമോർച്ച നടത്താനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അവ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും അതിനായി നമ്മുടെ കൂടുതൽ പ്രവർത്തകരെ ഒരുമിച്ച് ചേർത്ത് വേണ്ടതുപോലെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ എനിക്കറിയാം രാഷ്ട്രീയത്തിൽ നിനക്ക് താല്പര്യമില്ല എന്ന് പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ഇതേ രീതിയിലാണ് കാര്യങ്ങൾ തുടരുന്നതെങ്കിൽ നമ്മുടെ രാജ്യം ഏതവസ്ഥയിലെത്തുമ്പോൾ ഊഹിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യാം ഗുരുജി അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി രാഷ്ട്രീയ മോർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം സന്തോഷം നീന്തയാൽ നീ തള്ളിപ്പറയുകില്ലെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് പോകാൻ അനുവാദം തരൂ ഗുരുജി വിജയീഭവ നമസ്കാരം എല്ലാവർക്കും ഈ യോഗ പരിപാടിയിലേക്ക് സ്വാഗതം ഒരേ ഒരു ആശയം ഗുരുജിയോട് പറയുമ്പോഴേക്കും അത് പൂർത്തീകരിക്കുന്നതിനായി ദീൻദയാൽ ഉപാധ്യയെപ്പോലെ സമർത്ഥനായ ഒരു വ്യക്തിയെ തന്നെ ഇങ്ങോട്ടയച്ചു ദീൻദയാലിന് കാന്തിക ശക്തി തന്നെ ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഠിന ഒന്നുകൊണ്ട് മാത്രമാണ് വെറുമൊരു ജനസംഘമായിരുന്ന നമ്മുടെ സംഘം ജനസംഘമായി പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നെ സംബന്ധിച്ച് എന്റെ ദിവാസ്വപ്നം സഫലമായതുപോലെയാണ് ജനസംഘിന്റെ ഒരു കുഞ്ഞു വിത്തുപാകിയ ഞാൻ പിന്നെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കാണുന്നത് ഒരു വടവൃക്ഷമാണ് ദീൻ ദയാലിന്റെ അശ്രാന്ത പരിശ്രമമാണിതിന് കാരണമെന്ന് എനിക്കറിയാം അഖില ഭാരതീയ ജനസംഘിന്റെ ജനറൽ സെക്രട്ടറിയായി ദീൻദയാലിനെ ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് കഠിന പ്രയത്നവും അത്ഭുതകരമായ നേതൃപാഠവും കൊണ്ട് വ്യത്യസ്തനായ ദീൻദയാലിനെ നമ്മുടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം ജനറൽ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തതിന് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ജനസംഘന്റെ ഉദ്ദേശ്യം രാഷ്ട്രീയമല്ല മറിച്ച് രാജ്യത്ത് പൂർണ്ണ സമാധാനത്തോടെ സാമ്പത്തിക സാമൂഹ്യ വിപ്ലവത്തിലൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് അധികാരമോഹികൾക്കെന്നും അവരുടെ അധികാരക്കസേര നഷ്ടപ്പെടുന്ന ആധിയായിരിക്കും അധികാരം കൈവിട്ടു പോകുമ്പോൾ അവർക്ക് ഇരിക്കപ്പെതിയുണ്ടാവില്ല അത്തരം നേതാക്കളും നേതൃത്വവും അവസരവാദികളാണ് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല അത്തരക്കാരെ നമ്മുടെ ജനസംഖിന്റെ ഉദ്ദേശ്യം പുതിയ നേതാവിനെ നേതൃത്വത്തെ രാഷ്ട്രത്തിന് നൽകുക എന്നതാണ് ആവേശം കൊള്ളിക്കുന്ന കുറെ പോർവിളികളുടെ ജയ ജയാരവങ്ങളും സമരങ്ങളൊന്നുമല്ല യഥാർത്ഥമായ നിഷ്പക്ഷമായ നേതൃത്വം ഉണ്ടാക്കുന്നത് അജ്ഞാനിയെന്നറിയപ്പെട്ട സാധാരണക്കാരൻ വാസ്തവത്തിൽ ബുദ്ധിമാനായിരിക്കും കാരണം അയാൾ കല്ലും മുള്ളും കടന്നു വന്നവനായിരിക്കും ഏത് സംഘർഷാവസ്ഥയും തരണം ചെയ്യാൻ പ്രാപ്തിയുള്ളവനായിരിക്കും രാഷ്ട്രത്തിന്റെ കാര്യമാവുമ്പോൾ കുടുംബവാഴ്ച ഉണ്ടാവാൻ പാടില്ല ഭാരതീയ ജനസംഘം വഴി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ് എന്റെ ആഗ്രഹവും ലക്ഷ്യവും വന്ദേ അങ്ങനെയൊന്നും ഇല്ലന്നേ ആ അതൊക്കെ പോട്ടെ വിട്ടേക്ക് ത്രിപാടി ആഹാ നിങ്ങൾക്കിത് വെറും തമാശയാണോ രാജീവിനോട് ചോദിക്കൂ സംശയം ഉണ്ടെങ്കിൽ എന്താ രാജീവ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പണ്ഡിറ്റ് ത്രിപാടി പറഞ്ഞതിൽ കാര്യമുണ്ട് അങ്ങയുടെ പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും ഒക്കെ പ്രഭാവം കാരണം അങ്ങയെ ജയിലിൽ അടയ്ക്കാനുള്ള വഴികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു എന്നാണ് കേട്ടത് ആ അതിന്റെ അർത്ഥം സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള നമ്മുടെ ശ്രമം വിജയം കാണുന്നുണ്ടെന്നല്ലേ ത്രിപാഠി നമുക്കിനിയും പുതിയ വഴികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ത്രിപാഠിജി ദീനദയാലിനോട് ഏറ്റുമുട്ടുന്നത് എളുപ്പമല്ലെന്ന് സർക്കാരിനറിയാം ഒരു തരത്തിലും തോൽക്കാൻ മനസ്സില്ലാത്തയാളാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് നിർത്തിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല ആ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് പാഞ്ചജന്യം പത്രം ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയപ്പോ അതിനെ സർക്കാർ നിരോധിച്ചു അന്നേരം ഉണ്ടായതെന്താ നമ്മൾ വിചാരിച്ചു ഇനി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊന്നും പുറത്തു വരില്ലെന്ന് അപ്പോഴതാ ഹിമാലയ പത്രിക പുറത്തിറക്കുന്നു അതിനും നിലക്ക് വീണപ്പോൾ ഒരു വിഷമവുമില്ലാതെ അടുത്ത രാഷ്ട്രഭക്ത് പത്രത്തിലൂടെ എഴുത്തു തുടർന്നു ദീനതയാൽ ഉണ്ടെങ്കിൽ അസാധ്യമായതെന്തും സാധ്യമാക്കുമെന്ന് സർക്കാരിന് ഇപ്പൊ മനസ്സിലായി കാണും മിത്രങ്ങളെ നമ്മുടെ നിലയ്ക്കാത്ത ശ്രമങ്ങളാണ് നമുക്കെന്നും പുതിയ വഴികൾ കാണിച്ചു തരുന്നത് ഒരു ശ്രമം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നോക്കാം എന്താവുമെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നല്ലാതെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രം ഉദ്ദേശിച്ചായിരുന്നു നമ്മൾ നടത്തിയ സമരങ്ങൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ രാജ്യഭരണം ശരിയായ സുരക്ഷിതകരങ്ങളിലല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ നമ്മുടെ രാജ്യം മുന്നോട്ടു പോകുന്നത് വിദേശാധിപത്യത്തിന് കീഴിൽ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗതി അവരുടെ രീതികളും ചിന്തകളുമെല്ലാം അധികാരികളുടെ വീക്ഷണത്തിനനുസരിച്ച് പാകപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രത്തോട് ജനങ്ങൾക്കുണ്ടാകേണ്ട ശ്രദ്ധയും ആദരവുമില്ലാതെ നശിക്കുകയല്ലേ ചെയ്യുന്നത് ശരിയാണ് താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു സ്വാതന്ത്ര്യ ശേഷവും നമ്മുടെ രാജ്യം മുൻപുള്ള അതേ അവസ്ഥയിൽ തുടരുമ്പോൾ സ്വാതന്ത്ര്യത്തിന് എന്തർത്ഥമാണുള്ളത് എന്താണ് നമുക്ക് ലാഭം കിട്ടിയത് ഭരണസിരാകേന്ദ്രത്തിലിരിക്കുന്നവർക്ക് നമ്മുടെ ഭാരതത്തിന്റെ മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള അഭിമാനം സിരകളിൽ പടരണം തലപ്പത്തിരിക്കുന്നവർ എന്നും ഓർക്കണം നമ്മൾ ഈ പുണ്യഭൂമിയുടെ മക്കളാണ് ഈ മണ്ണിൽ ഉയർക്കൊണ്ടവരാണെന്ന് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നത് പോലെ ഹൃദയങ്ങളിലും അതുപോലെ മുഴങ്ങണം രാജ്യ സ്നേഹത്തിന്റെ ഓരോ ഭാരതീയന്റെയും ക്ഷേമവും സുഖവുമാവണം നമ്മുടെ ലക്ഷ്യം ഓരോ ഭാരതീയന്റെയും ദുഃഖം തുടച്ചു നീക്കുന്നതാവണം നമ്മുടെ കർമ്മം ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നിരർഥകമാണ് ദീനദയാൽജി രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും നന്മയെയും രാഷ്ട്രത്തിന്റെ സംസ്കാരം നിലനിർത്താനും ഉയർത്തിപ്പിടിക്കാനുമുള്ള അഭിവാഞ്ചിയെയും മാത്രം ചിന്തിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ അധികാരം മോഹിച്ച് ഭരണത്തിൽ ഉയർന്ന സ്ഥാനം മാത്രം മോഹിച്ചു വരുന്ന അത്യാഗ്രഹികൾക്ക് സ്വാതന്ത്ര്യം ലാഭക്കച്ചവടമാണ് സ്വന്തം ലാഭവും അവരുടെ കുടുംബത്തിന്റെ ലാഭവും മാത്രമാണ് ചിന്ത എന്ത് ചെയ്യാൻ കഴിയും അത്തരക്കാരെ അതുകൊണ്ടാണ് പറയുന്നത് സാധാരണക്കാരനായ ഓരോ വ്യക്തിയെയും സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തരാക്കണം സർക്കാരിന്റെ പ്രവൃത്തികൾ ഒന്നും ജനക്ഷേമകരമല്ലാത്തത് എന്തുകൊണ്ടെന്ന് അവരെ കൊണ്ട് തന്നെ ചോദിപ്പിക്കണം ഒരു കാര്യം ചോദിക്കട്ടെ പണ്ഡിറ്റ് ഒന്നല്ല എത്ര വേണമെങ്കിലും ചോദിക്കൂ അങ്ങയുടെ ലേഖനങ്ങളൊക്കെ ജനങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ചു കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഈ പത്രങ്ങളുടെ മേൽനോട്ടം സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ജനസംഘിന്റെ ജനറൽ സെക്രട്ടറി പദവും അതിൻ്റെ കാര്യങ്ങളും താങ്കൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഇത്രയും താല്പര്യത്തോടെ ഇത്രയും ഭംഗിയായി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനൊന്നുമില്ല തൃപാഠി എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായും ഭംഗിയായും താല്പര്യത്തോടെയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുക രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അത് ഭരണപക്ഷത്തെ മനസ്സിലാക്കി കൊടുക്കുകയും വേണം സമൂഹ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടുവേണം നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യക്തിഗത ഇഷ്ടങ്ങളെയും വളർച്ചയെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്നതാണ് മൂല്യസ്തുതിയിലേക്ക് നയിക്കുന്നത് സാമൂഹികമായ ഉന്നതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായി പരിണമിക്കും അപ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന് അർത്ഥവും ഫലവും ഉണ്ടാകുന്നത് ശരിയാണ് കൃത്യമാണ് അങ്ങ് പറയുന്നത് പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതും വിശേഷ രീതിയിൽ തന്നെ ആവണം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിച്ച് അവയ്ക്ക് താൽക്കാലികമായും പിന്നീട് സ്ഥിരമായും പരിഹാരം കണ്ടുപിടിച്ച് നടപ്പിലാക്കണം പഞ്ചവത്സര പദ്ധതിയിൽ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു വ്യവസ്ഥ വെച്ചാലോ നിങ്ങൾ രണ്ടുപേരും എന്ത് പറയുന്നു ചിന്തനീയമായ കാര്യമാണ് പക്ഷെ മാറ്റം വരാനും പ്രാവർത്തികമാക്കാനും സമയമൊഴുകില്ലേ ശരിയാണ് നമ്മുടെ എഴുത്തിന്റെ ശക്തി ഇതിൽ പ്രധാന പങ്കുവഹിക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രങ്ങളും മാസികകളും നമ്മുടെ ജനങ്ങൾക്കിടയിൽ പ്രചാരമുണ്ടെങ്കിലും ഹിന്ദി ഭാഷയിലുള്ള പത്രമാസികകളിലാണ് എനിക്ക് കൂടുതൽ പ്രതീക്ഷ പക്ഷേ ഇംഗ്ലീഷിന്റെ പ്രഭാവം പൂർണ്ണമായും ഇല്ലാതായിട്ടുമില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ഡിറ്റ് ഇംഗ്ലീഷിന്റെ പ്രഭാവം ഇവിടെ ആഴത്തിൽ തന്നെയുണ്ട് അത്ര പെട്ടെന്നൊന്നും തുടച്ചുനേക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇംഗ്ലീഷിന്റെ പ്രഭാവം കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നത് ശരി തന്നെ പക്ഷേ അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രത്യേക ഭാഷയോട് എനിക്ക് വൈരമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഭാഷയും സംസ്കാരവും നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് നമ്മുടെ ജീവന്റെ ആധാരമാണത് ഓർമ്മയില്ലേ നമ്മൾ ബ്രിട്ടീഷിനെതിരെയുള്ള സ്വാതന്ത്ര്യസമരം നയിക്കുമ്പോൾ പറഞ്ഞ വാചകം സ്വരാജ്യമെന്ന ദാഹത്തെ സുരാജ്യം എന്നതുകൊണ്ട് ശമിപ്പിക്കാനാവില്ല എന്ന് അതുപോലെ ഇംഗ്ലീഷ് പലർക്കും നല്ല ഭാഷയായി തോന്നുന്നുണ്ടാവും പക്ഷേ അതൊരിക്കലും നമ്മുടെ സ്വന്തം ഭാഷ നൽകുന്ന അനുഭൂതിയോ തൃപ്തിയോ നൽകില്ല നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം നമ്മുടെ സ്വന്തം ഭാഷയും കൂടി ചേർന്നതാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ആവണം പറയൂ അടൽ ബിഹാരിജി ലോക്സഭാ ഫലം എന്നെ വളരെയധികം നിരാശനാക്കി ഗുരുജി ഭാരതീയതാ ദേശസ്നേഹം ഇവ രക്തത്തിലരിഞ്ഞ രാഷ്ട്ര നന്മ അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതെ ഏത് നിമിഷവും കർമ്മനിരതനായ ഒരു നേതാവ് എങ്ങനെ ഇലക്ഷനിൽ തോറ്റു അടർജി നേതാവ് രാഷ്ട്ര സ്നേഹമുള്ളവനായതുകൊണ്ട് മാത്രമായില്ലോ വോട്ടർമാരും ഉയരണം അവർ സ്വന്തം മതമാർഗത്തിൽ നിന്നും മാറി ഉയർന്നു ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ള പ്രാപ്തിയും മനസ്സുമുള്ളവരാകണം നമ്മുടെ എതിർസ്ഥാനാർത്ഥി ഠാക്കൂർ രാജ്ദേവ് സിംഗിനെ പോലെ എന്തെങ്കിലും കപടതന്തം പ്രയോഗിച്ചിരുന്നെങ്കിൽ യാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേനെ നല്ല ആള് തന്നെ അതും ദീൻദയാൽ അതും ഗൂഢാലോചനയും കപടതന്ത്രവുമല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ദീൻദയാളിനെ ബ്രാഹ്മണ സമാജക്കാർ അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അവിടെ അവരോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ബ്രാഹ്മണനാണെന്നത് മാത്രം നിങ്ങൾ എനിക്ക് ഒട്ട് തരണ്ട ജനസംഖ്യന്റെ നേതാവായതുകൊണ്ടും ഇപ്പോഴത്തെ സർക്കാരിന്റെ പോളിസിക്ക് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടും മാത്രം മതി നിങ്ങളുടെ ഓട്ട് തന്നു അങ്ങനെ പറയാൻ യാൽ പിന്നെന്താ ഗുരു അതെ പക്ഷെ ദീൻദയാൽ വിജയിച്ചിരുന്നെങ്കിൽ ഗുണമായിരുന്നേനെ പിന്നെ ദീൻദയാളിന് തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിത്വവും മത്സരവും താല്പര്യമുള്ള കാര്യങ്ങളല്ല എല്ലാവരും അങ്ങനെ നിർബന്ധിച്ചത് തന്നെയാണ് അയാൾ മത്സരിക്കാൻ സമ്മതിച്ചത് എന്ന് വെച്ച് അയാൾ അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുത്തു എന്നും അതിനർത്ഥമില്ല ും എന്തോ തമാശയുള്ള ചർച്ചയാണല്ലോ അടൽജിയുടെ മുഖത്തെ ചിരി മാഞ്ഞിട്ടില്ല എന്താ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചല്ലേ ഇപ്പൊ എല്ലാ ചർച്ചയും ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് നിന്നെ പോലെ രാഷ്ട്രത്തിന് പ്രതീക്ഷയായിട്ടുള്ളവർ ജയിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് തത്വാധിഷ്ഠിതമല്ലാതെ അങ്ങനെയുള്ള രാഷ്ട്രതന്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എത്തരത്തിലാണോ അതനുസരിച്ചാവും രാഷ്ട്രത്തിന്റെ തുടർന്നുള്ള ഗതി ഗുരുജി നമ്മുടെ വോട്ടർമാരെ ഉദ്ധരിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ച് അവസ്ഥകളെക്കുറിച്ച് അവർക്കറിയില്ല എല്ലാത്തിലും അവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാവണം അതുണ്ടാവാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കന്മാരുടെ സന്ദർശനവും പോസ്റ്ററുകളും മാത്രം പോരാ വാസ്തവത്തിൽ നമ്മുടെ സാഹിത്യകാരന്മാരെയും ബുദ്ധിജീവികളായ പ്രമുഖരെയും പത്രക്കാരെയും അധ്യാപകരെയും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം അങ്ങനെ പ്രബുദ്ധരായ ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകും ജനങ്ങൾ അജ്ഞരായിരിക്കുന്നിടത്തോളം കാലം അവരുടെ ഭാവി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി ഇരുട്ടിൽ തന്നെയാവും ജനങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ സ്വപ്നം കണ്ട രാഷ്ട്രം എങ്ങനെയാണോ അത് വെറും സ്വപ്നമായി അവശേഷിക്കാതെ അതിന്റെ സാക്ഷാത്കാരത്തിനായി ശരിയായ രാഷ്ട്ര പരിവർത്തനത്തിനായി അവരെ കൂടെ പ്രവർത്തനങ്ങൾ നടത്തണം ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ രാജ്യമാണ് നമ്മുടേത് വന്ദേ എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ ദീന്തയാൽ ഞങ്ങൾ വന്നതൊന്നും അറിഞ്ഞില്ല ഓഹ് അടൽജി നാനാജി വരൂ വരൂ ക്ഷമിക്കണം ഞാൻ എന്തൊക്കെയോ ചിന്തകൾ മുഴുകിപ്പോയി നിങ്ങൾ വന്നത് ഇല്ല ഹേയ് ക്ഷമാപണത്തിന്റെ ഒന്നും ആവശ്യമില്ല ദീൻദയാൽ ചിന്തകളിൽ മുഴുകുന്നതിൽ അത്ഭുതമൊന്നുമില്ല അതൊക്കെ സ്വാഭാവികമല്ലേ പിന്നെ നമ്മളോടും പറയാൻ പറ്റിയ കാര്യങ്ങളാണോ ചിന്തിച്ചു കൂട്ടുന്നത് പിന്നില്ലാതെ നിങ്ങളോട് എനിക്ക് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് നമ്മളെല്ലാവരും ഒരുപോലെ രാഷ്ട്ര നന്മയ്ക്കായി അവരവരുടേതായ രീതിയിൽ ഭാഗഭാഗാകുന്നവരല്ലേ പക്ഷേ ദീൻദയാളിനെ ആരുമുണ്ടാവില്ല രാഷ്ട്രനിർമാണ കർമ്മങ്ങളിൽ മുഴുകി പ്രവർത്തിച്ചവരുടെ ലിസ്റ്റിൽ ഞാൻ ഏറ്റവും താഴെയായിരിക്കും പക്ഷേ തോൽവി സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല സ്വാതന്ത്ര്യം കിട്ടി പതിനേഴ് വർഷമായിട്ടും നമ്മൾ ഇത്രയും കഠിന ചെയ്തിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വവും ശീലങ്ങളും സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനും വികസിപ്പിക്കുവാനുമുള്ള ശരിയായ മാർഗം ഇനിയും തെളിഞ്ഞു കിട്ടാത്തതിലുള്ള സങ്കടമാണ് എനിക്കുള്ളത് ഇപ്പോഴാണ് താങ്കൾ ഇത്രയും ചിന്താധീനായിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായത് നമ്മുടെ നാടിനെ സ്വർണ മറ്റുള്ളവർ വിശേഷിപ്പിച്ചത് ലോകമാകെ വിജ്ഞാനം പകർന്ന രാഷ്ട്രമാണ് നമ്മുടേത് ഇതിനൊക്കെയുള്ള കാരണമെന്താണ് നമ്മുടെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും ആ പാരമ്പര്യവും സംസ്കാരവുമാണ് ഇത്രയും അടിച്ചമർത്തപ്പെടലുകൾക്കിടയിലും തലയുയർത്തി നിൽക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത് അതാണ് നമ്മൾ ഇന്നും അഭിമാനത്തോടെ ജീവിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ ജനങ്ങളെ രാഷ്ട്ര പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ ശക്തിയെക്കുറിച്ചും ഇനിയും ഉദ്ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിലും രാജ്യത്തു തന്നെയും ചിന്തകളും വിശ്വാസങ്ങളും കയറിക്കൂടിയിരിക്കുന്നു അവയുടെ പ്രഭാവത്തിൽ നിന്നും നമ്മുടെ പാരമ്പര്യവും സംസ്കൃതിയും ഉയർത്താൻ കുറെ അധികം സാമ്പത്തികവാദവും സാമൂഹ്യവാദവും ഒക്കെയായി പലവിധ ചിന്തകളും വിചാരങ്ങളും തർക്കങ്ങളും ഉണ്ടാവാം അത് നമ്മുടെ സ്വന്തം ചിന്തകളിൽ നിന്ന് വരുന്നതല്ലേ പക്ഷേ വിദേശ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ചിന്തകൾ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നന്മ വരുത്തില്ലോ ഭാരതത്തിന്റെ പാരമ്പര്യത്തെ രാജ്യവ്യവസ്ഥയെ വിദേശികളുടെ ചിന്തയ്ക്ക് അനുസൃതമായി നീക്കിയാൽ എങ്ങനെ ശരിയാവും എങ്ങനെ രാഷ്ട്രപുരോഗർശനങ്ങളാണ് ആധുനികമെന്ന മിഥ്യാധാരണയിൽ വിദേശ ചിന്തകൾക്ക് നമ്മുടെ രാജ്യത്തെ അടിയറ വെച്ചിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യാനന്തര സർക്കാർ നമ്മുടെ ഭാരതീയ പാരമ്പര്യം പഴഞ്ചനാണ് പോലും കഷ്ടം അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള കളികളാണ് ചിന്തയില്ല അവർക്ക് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ രോഗികൾക്കും ഒരേ മരുന്ന് പ്രയോഗിക്കാൻ പറ്റില്ല അതുപോലെ വ്യത്യസ്ത രാജ്യങ്ങൾ ഒരേ വ്യവസ്ഥയിൽ പോവുക സാധ്യമല്ല ഓരോ ദേശത്തിനും അവരവരുടേതായ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പരിസ്ഥിതികളുണ്ട് ശരിയാണ് പക്ഷേ നമ്മൾ പറയുന്ന വിദേശ വ്യവസ്ഥയെ ഇല്ലാതാക്കി നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ വ്യവസ്ഥ കൊണ്ടുവരികയും വേണമല്ലോ അതാണ് പറഞ്ഞു അതിനുള്ള സൂത്രം നമ്മുടെ തന്നെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭാരതത്തെ സ്വർണ പക്ഷിയെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ചത് നമ്മൾ എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തരായിരുന്നു ഒരു കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മുടെ ദേശത്തിന്റേതായ എല്ലാ നല്ല കാര്യങ്ങളെയും നമ്മൾ പഴഞ്ചനാണെന്ന് മാറ്റിവച്ച് വിദേശത്തുള്ളവ ആധുനികമെന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എങ്ങനെയും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ച് നമുക്ക് കർമ്മനിരതരാവുക തന്നെ വേണം പിന്നെ രാജ്യത്തെ ചില കാര്യങ്ങളിൽ പ്രത്യേക രൂപരേഖ ഉണ്ടാക്കേണ്ടതുണ്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ പ്രായപൂർത്തിയായവർക്ക് മതാധികാരമുള്ളതുപോലെ പ്രായപൂർത്തിയായ ആർക്കും ഇലക്ഷനിൽ മത്സരിക്കാൻ അവകാശമുള്ളതുപോലെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കണം സാമ്പത്തിക രാഷ്ട്രീയ സ്വയം നേടാനുള്ള അവസരം ഉണ്ടാക്കണം അതിനായി രാജ്യം സാമ്പത്തികമായി സ്വയം പര്യാപ്തമാവണം അതെങ്ങനെ സാധിക്കുമെന്നാണെങ്കിൽ കേട്ടോളൂ നമ്മുടെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനവും വിതരണവും ഉപയോഗവുമെല്ലാം നമ്മുടേത് തന്നെ ആവണം നമ്മുടേത് മാത്രമാവണം വിദേശ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ വീട്ടിലും ജീവിതത്തിലും സ്ഥാനം കൊടുക്കരുത് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിലെ ഓരോ കുടുംബവും സ്വയം പര്യാപ്തമാവും അങ്ങനെ മുഴുവൻ ജനങ്ങളും രാജ്യം തന്നെയും സ്വയം പര്യാപ്തത നേടും ഇപ്പറഞ്ഞ കാര്യങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തിച്ച് അവരെ ഉണർത്താനായാൽ നമ്മൾ വിജയിച്ചു ജനസംഖിന്റെ മീറ്റിംഗ് നടക്കാൻ പോവുകയല്ലേ അങ്ങ് തയ്യാറായിക്കൊള്ളൂ താങ്കൾക്കുള്ള സുവർണ അവസരമാണിത് സദസ്സിലുള്ള ഓരോരുത്തരെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സമ്മേളനം ജനസംഖ്യന് മാത്രമല്ല ഭാരത മഹാരാജ്യത്തിന് തന്നെ മഹത്വപൂർണമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അത് ശ്രവിക്കുന്നതിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് ഞാൻ സമയം അധികെടുക്കുന്നില്ല ദീൻദയാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ് ഇത്രയധികം പേർ നമ്മുടെ ജനസംഘിന്റെ ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതിൽ എന്റെ സന്തോഷം മറച്ചുവെക്കുന്നില്ല രാഷ്ട്ര നന്മയ്ക്കായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏകാത്മക മാനവവാദം എന്താണെന്ന് പരിചയപ്പെടുത്താം ഈ വാക്ക് കേൾക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത പുതിയ വാക്കായി തോന്നുന്നുണ്ടോ എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം ഇത് പുതിയ വാക്കല്ല ഏകാത്മക മാനവവാദം പ്രാചീനകാലം മുതൽ നമുക്കറിയാം ബുദ്ധിയും മനസ്സും ആത്മാവും ഒത്തുചേർന്നതാണ് ഒരു വ്യക്തി ഭാരതീയ സംസ്കാരത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ജന്മം കൊണ്ടതാണ് ഏകാത്മക മാനവവാദം അതിലൂടെയാണ് നമ്മൾ ഭാരത സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ ആശയങ്ങളുടെ സമ്മേളനം തന്നെയാണ് ഏകാത്മക മാനവവാദത്തിലുള്ളത് ഈ നാല് തത്വങ്ങളാണ് മനുഷ്യനെ കർമ്മനിരതനാക്കി സമൂഹത്തിന് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വ്യക്തിയും സമൂഹവും രണ്ടല്ല വ്യക്തിയിൽ നിന്ന് കുടുംബവും കുടുംബത്തിൽ നിന്ന് സമൂഹവും സമൂഹത്തിൽ നിന്ന് രാഷ്ട്രവും അങ്ങനെ മനുഷ്യരാശിയിലെത്തുന്നതാണ് ഏകാത്മക മാനവവാദം രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിക്കും സുഖസമൃദ്ധിയും വിദ്യാഭ്യാസവും സാംസ്കാരിക ഉയർച്ചയും ലഭ്യമാക്കുക എന്നതാവണം സർക്കാരിന്റെ നയം സമൂഹവും സർക്കാരും ഒത്തുചേർന്ന് രാഷ്ട്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതാണ് ഏകാത്മക മാനവവാദത്തിന്റെ അടിസ്ഥാനം ഇത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം അങ്ങനെ രാഷ്ട്ര പുരോഗതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവും നമ്മൾ സ്വപ്നം കണ്ട ഭാരതദേശം കെട്ടിപ്പടുക്കാം നമുക്ക് വന്ദേ മാതരം വന്ദേ ഭാരതം സ്വർണ പക്ഷി എന്ന് വിളിക്കപ്പെട്ട ആ കാലത്തിലേക്ക് ലോകത്തിൻ്റെ ഗുരു എന്ന് വിളിക്കപ്പെട്ട ആ കാലത്തിലേക്ക് നമ്മുടെ ഈ വികസന എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ രാജ്യത്തെ ഓരോ പൗരനും ഏകാത്മക മാനവവാദത്തിലൂടെ ഒരുമിച്ച് നടന്ന് മുന്നേറണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണത്തെ മനസ്സിലാക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല എല്ലാവരെയും ഏതു തരത്തിലുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ നടത്തിയത് എന്റെ പുണ്യഭാരതത്തിൽ പുനർജനിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്റെ മണ്ണിന്റെ തിലകം വീണ്ടും എന്റെ നെറ്റിയിൽ ചാർത്താൻ എനിക്ക് പുനർജനിക്കണം പുനർജന്മത്തിൽ എനിക്കൊരു തരത്തിലുള്ള മരണവും കാണേണ്ടി വരരുത് അങ്ങനെ സംഭവിച്ചാലും എല്ലാം ശരിയാവും എല്ലാവരും രക്ഷപ്പെടും എല്ലാംഭമാവും വന്ദേ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നാടകം സമാപിക്കുന്നു രചന ശോഭാ ഭരദ്വാജ് മലയാളം പരിഭാഷ ലക്ഷ്മിശ്രീ എസ് മാരാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പെരുമാൾ ജി അടൽ ബിഹാരി വാജ്പേയി തെങ്ങുംകോട് മോഹനൻ ശ്യാമപ്രസാദ് മുഖർജി വൈശാഖൻ കെ അമ്മാവൻ ഇസ്മയിൽ സേഠ് എ അമ്മായി ഭരതന്നൂർ ശാന്ത ഗുരുജി സുൽഫി ഓയൂർ ഭാവുറാവ് ദേവരസ് വേണു സി കിഴക്കനേല ജനാർദ്ദൻ റാവു അമ്പൂരി ജയൻ നാനാജി കെ കെ നുജു രാജീവ് ലോചൻ ജോസ് പി റാഫേൽ വജനേത് ത്രിപാഠി മുൻഷി ദിലീപ് രാംനാഥ് മധു ഇരിഞ്ചയം കുഞ്ചു ബിഹാരി ഓണവില്ല ബിൻകുമാർ ഓഫീസർ ശ്യാം വി എസ് പ്രതിഭാഗം വക്കീൽ അലക്സ് പോത്തൻ വാദിഭാഗം വക്കീൽ എൻ ജെ ജോഷിലാൽ ബെൽവന്ത് ഷിൻഡെ സന്തോഷ് തിരുമല ജഡ്ജി രാകേഷ് എം എസ് സംവിധാനം പി എ ബിജു സംവിധാന സഹായം സുഷമ അനിൽ വി എൻ ദീപ അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം